പരം എന്ന് തുടങ്ങുന്ന മന്ത്രങ്ങളുടെ ആമുഖമായിട്ട് ഭാഷകാരൻ പറയുകയാണ് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്ന് പരാമർശിക്കുന്നു സംഹിതാദിപക്ഷാണ് അവിരുദ്ധാനുപാസന കർമ്മങ്ങളോട് ചേരുന്ന ഉപാസന കർമ്മങ്ങളുടെ ഭാഗമായി വരുന്ന ഉപാസനങ്ങൾ കർമ്മങ്ങൾക്ക് വിരോധമല്ലാതെ വരുന്ന ഉപാസനങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു ആദ്യം കഴിഞ്ഞ കാര്യങ്ങൾ പറയണം അനന്തരംച്ച അന്തസ്വാഭാവികാത്മദർശനമൊക്കെ ഹൃദയത്തിൽ എങ്ങനെ പുരുഷനെ ധ്യാനിക്കണം അത് പറഞ്ഞു വ്യാഹൃതിവാരേണ വ്യാകൃതികളിലൂടെ അതെല്ലാം മുമ്പ് ചർച്ച ചെയ്തതാണ് സ്വരാജ്യഫലം ഫിനർഭപ്രാപ്തി വരെയുള്ള ഫലങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞു അതിൽ ഉപാസനങ്ങളാണ് ഏതാവിധ അശേഷത സംസാര ബീജസ് ഉപമർദ്ദനം അസ്ഥി പക്ഷെ ഇതുകൊണ്ട് സംസാര ബീജമായിരിക്കുന്ന അജ്ഞാനത്തിന് ബാധ സംഭവിക്കുന്നില്ല കർമ്മത്തിലൂടെ ഉപാസനകളൂടെ സാധ്യമല്ല അതാശേഷ ഉപദ്രവീജ്ഞാനം എല്ലാ ദുഃഖത്തിനും കാരണമായിരിക്കുന്ന അജ്ഞാനത്തിന്റെ നിവൃത്തിക്കുവേണ്ടി വിധൂത സർവോപാധി വിശേഷാത്മദർശനം സർവോപാധിവിശേഷങ്ങളും അസ്തമിച്ചിരിക്കുന്ന ആത്മാവ് അതിന്റെ ദർശനം ജ്ഞാനം അതിൻ്റെ സാക്ഷാത്കാരം അതിനുവേണ്ടി ഇതം ആരഭ്യതേ ബ്രഹ്മപിതാത്മോദി പരം ഇത്യാദി ഇനിയിവിടെ ചർച്ച ചെയ്യുന്നത് ആത്മസാക്ഷാത്കാരത്തിന് ഉള്ള ഉപായത്തെ കുറിച്ചാണ് മുമ്പ് ഭരണികാപ്തി വരെയുള്ള ഫലങ്ങളെക്കുറിച്ചുള്ള ഉപാസനകളെ കുറിച്ച് പറഞ്ഞു അതൊന്നും ബ്രഹ്മപ്രാപ്തിക്ക് സാക്ഷാത്കാര ഇവിടെ ബ്രഹ്മപ്രാപ്തിക്ക് സാക്ഷകാരണമായ ആത്മജ്ഞാനത്തെ സർപാധിവിശേഷം വിധൂത നശിച്ച സർപാധിരഹിതമായിരിക്കുന്നു ആത്മദർശനത്തെ കുറിച്ച് പറയും മുൻപ് അങ്ങനെയല്ല ഹൃദയത്തിൽ ധ്യാനിക്കുക വ്യാഹൃതിയിലൂടെ ധ്യാനിക്കുക ഇങ്ങനെ പലതരത്തിൽ പറഞ്ഞു ഇവിടെ അങ്ങനെയല്ല ബ്രഹ്മപിതാക്കനെ പരം പരമാർത്ഥാനത്തെ വെളിപ്പെടുത്തുന്നു പ്രയോജനം അസ്യവിദ്യയായ അവിദ്യ എന്ന് പറയന്തിക സംസാരം ഇതാണ് ബ്രഹ്മവിദ്യ നിരൂപാധികമായി ആത്മാവിനെ വെളിപ്പെടുത്തുന്നതാണ് ബ്രഹ്മവിദ്യ മറ്റുപാസനകളും മറ്റും ബ്രഹ്മവിദ്യ തന്നെയാണ് പക്ഷെ മുഖ്യമല്ല എന്നുള്ളത് മുഖ്യമായ ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് ആത്മാവിന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്നു ആത്യന്തിക സംസാര അത് നേരിട്ട് സംസാരനാശത്തെ ചെയ്യുന്നു ക്ഷദ്വാന് അങ്ങനെ ആത്മതത്വത്തെ അറിയുന്നവൻ ഒന്നിനെയും ഒന്നിനെയും സംസാര നിമിത്തേതീ അഭയം പ്രതിഷ്ഠന്നോ ആത്മജ്ഞാനി അഭയത്തിൽ പ്രതിഷ്ഠിതനാകുന്നു ൻ ഭയരഹിതമായ ദുഃഖരഹിതമായ നിലയിലെത്തിച്ചേരുന്നു എന്ന് പറയുന്നു സംസാരത്തിന് നിമിത്തമുണ്ടെങ്കിൽ ഇത് സാധ്യമാകത്തില്ല സംസാരത്തിന് നിമിത്തമായിരിക്കുന്ന എന്താണ് അജ്ഞാനം അത് അവശേഷിക്കുകയാണെങ്കിൽ ഒരുവനങ്ങനെ അഭയത്തിൽ സ്ഥിരത നേടാൻ കഴിയും അഭയം ആത്മസ്വരൂപം തരും അവിടെ സംസാരത്തിന്റെ നിമിത്തമായിരിക്കുന്ന അജ്ഞാനം നശിക്കും അത് കർമ്മങ്ങൾ കൊണ്ടോ ഉപാസനകൾ കൊണ്ടോ സാധ്യമല്ല ജ്ഞാനം കൊണ്ടേ സാധ്യമാവും കൃതാകൃത പുണ്യപാപെ നത്തപഥ കൃതാകൃതം പുണ്യപാപം അതവനെ തപിപ്പിക്കുന്നില്ല അതുകൊണ്ടൊന്നും പുണ്യത്തിൻ്റെ ഫലവും പാപത്തിൻ്റെ ഫലവും അനുഭവിക്കേണ്ടി വരുന്നില്ല അതിൻ്റെ ഫലമായി വരുന്ന സുഖദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നില്ല ഇതാണ് ജ്ഞാനത്തിന്റെ ഫലം അത് അവഗമ്യത അസ്മാ വിജ്ഞാന സർവാത്മ ബ്രഹ്മവിഷയാദ് ആത്യന്തിക സംസാരഭാവം അതുകൊണ്ട് മനസ്സിലാക്കേണ്ട എന്താണോ അസ്മാ വിജ്ഞാന സർവാത്മ ബ്രഹ്മവിഷയാ സർവാത്മാവായിരിക്കുന്ന ബ്രഹ്മം അതിന്റെ വിജ്ഞാനം അപരോക്ഷ സാക്ഷാത്കാരം അതുകൊണ്ട് ആത്യന്തിക സംസാരഭാവം ഉപാസന കൊണ്ടല്ലോ സംസാരനാശം അതിന്റെ പ്രയോജനം ഗുണശ്രുതി എന്ന് പറയുന്നു അതുവ സംബന്ധ പ്രയോജന ജ്ഞാപനാർത്ഥം ം പ്രയോജനം തുടങ്ങിയ അനുബന്ധങ്ങളെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തുടക്കത്തിൽ തന്നെ അത് പറയുന്നത് എന്താണ് ബ്രഹ്മമെന്നോ എന്താണ് ബ്രഹ്മജ്ഞാനമെന്നോ എല്ലാം പറയുന്നതിനൊന്നും വാദ്യം പറഞ്ഞു ബ്രഹ്മവിത് പരമാത്മന പ്രയോജനത്തെ കുറിച്ചാണ് പറഞ്ഞത് അത് ആദ്യം തന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിർജ്ഞാതയോർ ഹി സംബന്ധ പ്രയോജനയോർ വിദ്യാശ്രവണ ഗ്രഹണധാരണ അഭ്യാസാർത്ഥം പ്രവൃത്തതയെ വരുന്നു വിവേകിയായി ഒരുവൻ ശരിയായി അറിഞ്ഞിട്ട് ഈ വേദാന്തത്തിന്റെ ശ്രവണം ഗ്രഹണം ധാരണം ഇവയ്ക്ക് വേണ്ടിയിട്ടുള്ള അഭ്യാസങ്ങൾക്ക് തയ്യാറാകത്തുള്ളു പ്രയോജനത്തെക്കുറിച്ചും സംബന്ധത്തെക്കുറിച്ചും ശരിയായി അറിഞ്ഞിട്ട് പൂർണമായി അറിഞ്ഞിട്ടെന്ന് പൂർണമായി അറിഞ്ഞിട്ടെന്നുള്ള വിപരീതാർത്ഥം അറിഞ്ഞല്ലോ നിർ പൂർണ്ണതയെ കാണിക്കുകയാണ് നിശേഷം അറിഞ്ഞിട്ട് സംബന്ധപ്രയോജനങ്ങളും നല്ലവണ്ണം അറിഞ്ഞതിന് ശേഷം ാണ് വിദ്യ ശ്രവിക്കുക ഗ്രഹിക്കുക അതിൻ്റെ ധാരണ ഈ അഭ്യാസങ്ങളിൽ ഒരാൾ പ്രവർത്തിക്കുന്നു വിവേകിയായി വരുന്നു അതുകൊണ്ട് ആദ്യം തന്നെ പറയണം എന്താണ് ഇതിൻ്റെ പ്രയോജനം അനുബന്ധം അനുസാണ പറയും സാധന ചതിഷ്ഠയും അനുസാണ പറയാറുണ്ടല്ലോ ഒരു സാധകന്റെ വിശേഷണമായിട്ട് സാധകന്റെ യോഗ്യതകളാണ് അതുപോലെ അനുബന്ധ ചതുഷ്ടയും അതും പറയും അതാ ശാസ്ത്രത്തിന്റെ യോഗ്യതകൾ ഗ്രഹിക്കുന്ന വിഷയത്തിൽ ഇതെല്ലാം ഉണ്ടായി അതെല്ലാം മുഖ്യമാണ് പ്രയോജനവും സമ്പന്നവും ഒന്ന് പ്രയോജനം അതാദ്യം വരെയാണ് എന്നാലും ഒരാൾ പ്രവർത്തിക്കത്തുള്ളൂ ആ പ്രയോജനത്തിന് കാഞ്ചിന്റെ ഈ പ്രവൃത്തിയുമായിട്ട് എന്താകുന്നു അതും കൂടെ അറിയണം ഇവിടെ പ്രയോജനത്തെ കുറിച്ച് പറയുന്നു പരം ആത്മാവീ പരമാ പരമാത്മപ്രാപ്തി ഒരാൾ അംഗീകരിച്ചാൽ അയാൾ എന്തിനു വേദാന്തം ശ്രമിക്കുന്നു ശ്രവണം കൊണ്ടെന്താ പ്രയോജനം അതും അറിയണം അതിനുവേണ്ടിട്ട് എന്ത് ചെയ്യണം ഈ ഉപനിഷത്തും അല്ലെങ്കിൽ ഈ വിദ്യയുടെ ശ്രവണഗ്രഹണധാരണാദി അഭ്യാസങ്ങളും ആ പരമായും തമ്മിലുള്ള ബന്ധം എന്താണ് ഇത് അതിലേക്ക് എത്തിക്കുമോ അത് അറിയണം അപ്പോ പ്രയോജനം പറഞ്ഞാൽ മാത്രം പോലെ ഇതാ പ്രയോജനത്തെ കൈവരിക്കുന്നതിന് സഹായിക്കുന്നതാണെന്ന് കൂടി അറിയണം അത് മുഖ്യമാണ് തുടക്കത്തിൽ തന്നെ രണ്ടും പറയും ഒന്ന് ആ പ്രയോജനത്തെക്കുറിച്ച് രണ്ടാമത് പ്രയോജനത്തിന് ഇതെങ്ങനെ സഹായിക്കുന്നു ശ്രവണം എന്നെങ്കിൽ പരമാത്മപ്രാപ്തിക്ക് ഒരാൾ മറ്റെന്തെങ്കിലും വഴിയും തേടാം എന്തിനാൾ ഉപനിഷത്തിലേക്ക് വരും ഉപനിഷ്രവണം കൊണ്ട് ശ്രവണഗ്രഹണധാരണാദി അഭ്യാസങ്ങൾ കൊണ്ട് അത് സാധിക്കും പരമാത്മപ്രാപ്തി അതിവിടെ വ്യക്തമാക്കുന്നു ശ്രവണാദിപൂർവ്വ ഗംഭി വിദ്യാഫലം നിതി ശക്തി അന്തരേഭ്യ ദുരദാരണ്യത്തിനും പറയുന്നു ശ്രോതവ്യോ മന്ദവ്യവും ഇതെന്ന് എന്താ മനസ്സിലാക്കേണ്ടത് ശ്രവണാതിപൂർവകമാണ് വിദ്യയുടെ ഫലം വിദ്യയുടെ ഫലം എന്താണ് പരമാത്മപ്രാപ്തി അത് ശ്രവണമനന നിധ്യാസനങ്ങളിലൂടെയാണോ എന്ന് വേറെയും ശ്രുതി പറയുന്നു ഇതിന്റെ ഈ ബന്ധത്തെ അറിഞ്ഞില്ലെങ്കിൽ വിവേകിയായ ഒരുവൻ ഒരിക്കലും ശാസ്ത്ര ശ്രവണത്തിന് തയ്യാറാകത്തില്ല ഇതുകൊണ്ടെന്താ പറയുക മറ്റെന്തെങ്കിലും ചെയ്യാവുന്നില്ല അതുകൊണ്ട് പരസ്പരം ബന്ധമുള്ളതാണോ അത് മാത്രമല്ല ഉപഷ ശ്രവണം കൊണ്ട് മാത്രമേ സാധ്യൂ പരമാത്മപ്രാപ്തി എന്നുള്ള കാര്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് ബ്രഹ്മേരി വക്ഷ്യമാണ് ലക്ഷണം ബൃഹത്തമത്വ ബ്രഹ്മ ാനിക്കുന്നു ഭക്ഷ്യ കാരണം പറയുന്ന ഇതാണ് ഈ വന്യയുടെ ഏറ്റവും സാരമായിട്ടുള്ള ഭാഗം എന്താ ബ്രഹ്മജ്ഞാനത്തിന്റെ പ്രയോജനം പരപ്രാപ്തി എന്താണ് ബ്രഹ്മം എന്ന് പറയുന്നത് ബ്രഹ്മേദി പക്ഷ്യമാണ് ലക്ഷണം അതിന്റെ ലക്ഷണം വിശദീകരിച്ച് പറയുന്നത് എന്താണ് ലക്ഷണം ആ ലക്ഷണം പറയുന്നതുകൊണ്ട് എന്താ പ്രയോജനം ഇതെല്ലാം ഇനി വിശദീകരിക്കും എന്നാലും ബ്രഹ്മം എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ ഒരാൾക്കെന്താ തോന്നുന്നത് കാരണം അടുത്തിന്റെ പറയും സത്യജ്ഞാനം അനന്തം എന്നി പറയും എന്താ അത് രണ്ടാമെന്ന് പറയേണ്ടി വന്നു ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പോരെ ശരി ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ തോന്നുന്ന ഒരാൾക്ക് ബൃഹത്തമത്വ ബ്രഹ്മ ബൃഹത്തമം ബൃഹത്തിലും ബൃഹത്തായിരിക്കുന്നത് ബ്രഹ്മം എന്നുള്ള ശബ്ദം കേൾക്കുമ്പോ തന്നെ ഈ അർത്ഥം ഒരാൾക്ക് കിട്ടും എന്തുകൊണ്ട് ബ്രഹി ബ്രഹ്മ തുടങ്ങിയ ധാതുക്കളൊക്കെ അർത്ഥം വൃദ്ധി വലുതെന്നുള്ള അർത്ഥമാണ് അത് ഏറ്റവും വലുതന പ്രായനാണ് ആ ധാതു ഉപയോഗിക്കുന്നത് ബ്രഹ് ധാതു അതിൽ നിന്നാണ് ബ്രഹ്മശബ്ദമുണ്ടായത് ബ്രഹ്മശബ്ദം കേൾക്കുന്ന ഒരാൾക്ക് ഈ ശബ്ദാർത്ഥ ജ്ഞാനമുള്ള ഒരാൾ ഈ ഭാഷയെക്കുറിച്ച് പരിചയമുള്ള ഒരാൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇവിടെ ഏറ്റവും വലുതായതിനെ കുറിച്ച് പറയുന്നു ഏറ്റവും വലുതായതും അതാണ് ബ്രഹ്മം എന്നുള്ള അർത്ഥമുണ്ട് കാരണം ഏറ്റവും വലുതായതിനു വേണ്ടിയാണ് ആ ശബ്ദം ഉപയോഗിക്കുന്നത് അല്ലാതെ ഉപയോഗിക്കാറില്ല ഏറ്റവും വലുതായിരിക്കുന്നത് ഈ നാമരൂപങ്ങളെക്കാൾ ശ്രേഷ്ഠവും അതിനേക്കാൾ മഹത്വമായിരിക്കും ഇപ്പൊ പറയുന്നത് പ്രാപഞ്ചികമായി ഒരു വസ്തുവിനെ കുറിച്ചല്ല എന്നുള്ളത് ബ്രഹ്മശബ്ദത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും പക്ഷെ ബ്രഹ്മശബ്ദത്തിന്റെ ശബ്ദാർത്ഥം ധരിക്കാത്ത ഒരാളിനും ഭാഷ പരിചയമില്ലാത്ത ഒരാളിനത് മനസ്സിലാകത്തില്ല അതറിയാവുന്ന ആളാണ് ബ്രഹ്മം എന്ന് പറയുന്നത് ഈ നാമരൂപങ്ങൾക്ക് അപ്പുറമുള്ളതാണ് കാരണം ഏറ്റവും വലുത് ഇതിനെല്ലാം ഉപരിയായിരിക്കണം അങ്ങനെ ഒന്നാണെന്നും മനസ്സിലാകുന്നു ബൃഹത്തമത്വ പക്ഷെ അങ്ങനെ മനസ്സിലാക്കിയാൽ പോരാ ബ്രഹ്മം എന്ന് പറയുന്ന നിന്ന് അതിന്റെ അർത്ഥം അതത്ര മഹത്വായാലും മനസ്സിലാക്കിയ പോരാ അതുകൊണ്ടാണോ ഇനി ലക്ഷണം പറയുന്നത് പറയാൻ പോകുന്ന ലക്ഷണത്തോടു പറയുന്നത് അങ്ങനെയുള്ള ഏറ്റവും ബൃഹത്തായി ഏറ്റവും മഹത്തായിരിക്കുന്ന ബ്രഹ്മദ് വിജാനാതീതി ബ്രഹ്മവിത്ത് ബ്രഹ്മവിത്തിനെ വ്യാഖ്യാനിക്കുന്നു ബ്രഹ്മേരി ബ്രഹ്മവിത് ഏറ്റവും മഹത്തായിരിക്കുന്ന ഏറ്റവും ബൃഹത്തായിരിക്കുന്ന അതിനെ അറിയുന്നവൻ ബ്രഹ്മവിദ് അങ്ങനെ അറിയുന്നവൻ എന്താണ് ആപ്നോതി പരം നിരുദിശയും തതേവ ബ്രഹ്മപരം ആ ബ്രഹ്മത്തെ അറിയുന്നവൻ പരത്തെ പ്രാപിക്കുന്നു പറഞ്ഞല്ലോ ആ ബ്രഹ്മം ഏറ്റവും മഹത്താണ് പരവെന്ന് പറഞ്ഞാലോ മഹത്വൻ അതും മഹത്ത് എന്ന പറയുന്ന നിരതിശയം അതിനേക്കാൾ വരുന്നില്ല അതിനേക്കാൾ വരുന്നില്ല അതിശയം ഏറ്റക്കുറച്ചിലുള്ളതിനാണ് അതിശയം ഇതങ്ങനെ ഒന്നില്ല ഇന്നൊരു അതിശയം അതിശയം നമ്മൾ അത്ഭുതങ്ങളുടെ അർത്ഥത്തിൽ പറയും അത് ശരി ശരിയാണ് അതിശയം നിരതിശയം ആ നമുക്ക് അത്ഭുതം തോന്നുന്ന ഏതെ കാണുമ്പോഴാണ് എന്തെങ്കിലും സവിശേഷമായി കാണുമ്പോൾ മഹത്തായി കാണുമ്പോൾ അതുകൊണ്ടാണ് അതിശയത്തിന് അത്ഭുതം എന്നുള്ള അർത്ഥം വരുന്നത് അങ്ങനെയുള്ള അതെല്ലാം താരതമ്യത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഒന്നിനേക്കാൾ മറ്റൊന്നും വലുതെന്ന് തോന്നുമ്പോൾ അത് അതിശയകരമായ അത്ഭുതകരമായി തോന്നും അതിനേക്കാൾ വരത് അത് അതിശയമായി തോന്നും അത്ഭുതമായി പോവും ഇത് നിരദിശയും ജ്ഞാതം എന്ന് പറഞ്ഞു അതെല്ലാം അവസാനിക്കുന്നു ആ താരതമ്യം അവസാനിക്കുന്നു എല്ലാ അത്ഭുതങ്ങൾക്കും അപ്പുറം നിൽക്കുന്നത് നിരദിശയും അതാണ് പരം ഏറ്റവും മഹത്ത് അപ്പൊ ബ്രഹ്മത്തെ അറിയുന്നവൻ ആ പരത്തെ പ്രാപിക്കുന്നു എന്താണ് പറയുന്നത് മഹത്തായത് തദൈവ ബ്രഹ്മ അതിനെ തന്നെ ബ്രഹ്മത്തെ അറിയുന്നവൻ പരമായി മറ്റൊന്നിനെ പ്രാപിക്കുന്നു എന്നുള്ളതാണ് തദൈവ ബ്രഹ്മപരം ആ ബ്രഹ്മത്തെ തന്നെ പ്രാപിക്കുന്നു ുന്നു ബ്രഹ്മത്തെ അറിഞ്ഞിട്ട് വേറൊരു പരത്തെ പ്രാപിക്കാനില്ല അതിനെ തന്നെ പ്രാപിക്കുന്നു അന്യസ്യജ്ഞാന പ്രാപ്തി ഇത് ജ്ഞാനത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് കർമ്മത്തിൽ അങ്ങനെയല്ല ഒന്ന് ചെയ്തിട്ട് മറ്റൊന്ന് നേടാം അത് സംഭവിക്കും കർമ്മത്തിന്റെ സവിശേഷതയാണ് ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്താണ് നടക്കുന്നു നടക്കുമ്പോൾ നടക്കുന്ന ഒരു പ്രവൃത്തി പ്രവൃത്തി കൊണ്ട് സാധിക്കുന്നത് എന്താണോ അവിടെ ഗ്രാമത്തിലേക്ക് പോകുന്നു ഗ്രാമപ്രാപ്തി ഒന്ന് ചെയ്യുന്നു ഗമനം എന്ന് പറയുന്ന ക്രിയ ഫലം ഗ്രാമപ്രാപ്തി കർമ്മത്തിന്റെ സുരക്ഷ എഴുതണം ഒന്ന് ചെയ്താൽ മറ്റൊന്ന് മറ്റൊന്ന് പ്രാപിക്കും ഇവിടെ അങ്ങനെയല്ല ജ്ഞാനത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല ഒന്നിനെ അറിയുക എന്ന് പറഞ്ഞാൽ അതിനെ അറിഞ്ഞിട്ട് മറ്റൊന്നിനെ അറിയാൻ പറ്റത്തില്ല മറ്റൊന്നവിടെ ശേഷിക്കത്തില്ല പുസ്തകത്തെ അറിയാന്ന് പറഞ്ഞാൽ ആ അറിവിലൂടെ പിന്നെ രണ്ടാമതൊന്നിനെ അറിയാനില്ല അത് അതിനെ അറിയാതെയാണ് വസ്തുതന്ത്രം ഞാനത്തെ കുറിച്ച് പറയുന്നതാണ് ഒന്നിനെ അറിഞ്ഞിട്ട് മറ്റൊന്നിനെ പ്രാപിക്കാൻ സാധ്യതയുള്ള അവിടെ അറിയുക എന്ന പ്രാപ്തി അതാണ് പ്രത്യേകം കർമ്മത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല ഒരു കർമ്മം ചെയ്യുന്നു ആ കർമ്മത്തിലൂടെ നേരൊന്നിനെ നേടുന്നു ഗമനവും ലക്ഷ്യപ്രാപ്തി രണ്ട് രണ്ടാണ് ജ്ഞാനത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല ജ്ഞാനം തന്നെ പ്രാപ്തി ഒന്നിനെ അറിയുക പിന്നെ മറ്റൊന്നിനെ പ്രാപിക്കുക അങ്ങനെ പുസ്തകത്തെ അറിഞ്ഞാൽ ആ അറിവ് തന്നെയാണ് പുസ്തകത്തിന്റെ പ്രാപ്തി വസ്തുവിനെ അറിവ് അറിവും വസ്തുവിന്റെ പ്രാപ്തിയും ഇവിടെ വന്ന് ഞാനൊക്കെ സംബന്ധിച്ചു പ്രവൃത്തി വരുമ്പോൾ വേറെയാകും ഒന്ന് പ്രവർത്തിക്കുന്നു വേറെ ഒന്നും ജ്ഞാനത്തിന് അങ്ങനെ അല്ല ഈ അന്യസ്യജ്ഞാനാകും മറ്റൊന്നിനെ അറിഞ്ഞിട്ട് അന്യസ്യപ്രാപ്തി മറ്റൊന്നിന്റെ പ്രാപ്തി അത് സംഭവിക്കത്തില്ല ഏതിനെ അറിയുന്നു അത് പ്രാപിക്കുന്നു അറിവ് തന്നെ അവിടെ പ്രാപ്തി ആത്മാവിനെ അറിഞ്ഞാൽ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ എന്റെ പ്രാപ്തി അറിഞ്ഞിട്ട് ഇനി പ്രാപിക്കുക അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല സ്പഷ്ടഞ്ച് ശ്രുതിയേന്ദ്രം ബ്രഹ്മപ്രാപ്തിക്കാര്യം പറയുന്ന സയോഹവൈത്തേദ ബ്രഹ്മൂതി അപരമമായ ബ്രഹ്മത്തെ അറിയുന്നവൻ അത് തന്നെയായിരുന്നു അത് മറ്റൊന്നിനെ സംബന്ധിച്ച് സാധ്യമാകാത്തതാണ് അറിവിൽ അത് തന്നെയായി തീരുക അറിവിൽ പിന്നീടൊന്നും പ്രാപിക്കാൻ രണ്ടാമതൊന്നും ശേഷിക്കാതിരിക്കുക അതും ബ്രഹ്മത്തെ സംബന്ധിച്ച് കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ ഇല്ലാതാകുന്നു അത്രേയുള്ളൂ പിന്നെ ഇവിടെ പ്രാപിക്കാനായി മറ്റൊന്നു ശേഷിക്കുന്നില്ല അതുകൊണ്ടു രണ്ട് കാര്യങ്ങളില്ല ബ്രഹ്മത്തെ അറിയുക പിന്നെ അത് ബ്രഹ്മത്തെ പ്രാപിക്കുക അങ്ങനെ ഒന്നുമില്ല അത് സ്പഷ്ടമായി ശ്രുത്യന്തിരം ബ്രഹ്മപ്രാപ്തിമേവ ബ്രഹ്മവിദോ ദർശിക്കുന്നു ബ്രഹ്മവിത്ത് ബ്രഹ്മത്തെ തന്നെയാണ് പ്രാപിക്കുന്നത് മറ്റൊന്നിനെ എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു അപ്പൊ ബ്രഹ്മവി എന്ന് പറയുന്നത് ബ്രഹ്മപ്രാപ്തിയാണ് രണ്ട് രണ്ടല്ല ഇവിടെ ചോദിക്കുന്നത് നനു സർവഗതം സർവസ് ആത്മഭൂതം ശരി ഇവിടെ ഒരു ചെറിയ ആശയക്കുഴപ്പം ഈ അറിവും പ്രാപ്തിയും ഒന്നാകുന്ന അത് വിശദീകരിക്കുകയാണ് സർവകഥം സർവസ്യാത്മഭൂതം ബ്രഹ്മപക്ഷതി ബ്രഹ്മത്തെക്കുറിച്ച് എങ്ങനെയാ പറയാൻ പോകുന്നത് ഇനി സർവകഥം സർവവ്യാപിയാണ് സർവസ്യാത്മഭൂതം സർവത്തിന്റെയും സ്വരൂപമായിരിക്കുന്നത് അല്ലെങ്കിൽ സർവസ്വരൂപവുമായിരിക്കുന്നത് എന്നാണ് ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത് സർവസ്വരൂപമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നവന്റെ സ്വരൂപം തന്നെയാണ് അതിനപ്പുറം ബ്രഹ്മത്തെക്കുറിച്ചൊന്നും പറയാനില്ല അതൊന്നാപ്യം പ്രാപ്തി അന്യേന പരിച്ഛന്ന പരിച്ഛന്നേന ദൃഷ്ട അതുകൊണ്ട് ബ്രഹ്മവിദ് ആത്മനോദി പരം എന്ന് പറയുന്നത് എങ്ങനെ ശരിയാകും ആത്മനോദി പ്രാപിക്കല്ലെന്ന് പറയുന്ന ഒന്ന് എങ്ങനെ സംഭവിക്കും ം ഇത് ആപ്യമല്ല പല തവണ ഇത് വിശദീകരിച്ചിട്ടുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ് സാധനകള് ചെയ്യണം അഭ്യാസങ്ങൾ ചെയ്യണം എന്നിട്ട് ബ്രഹ്മത്തെ പ്രാപിക്കണം അങ്ങനെ നമ്മൾ സാധാരണ പറയാറുണ്ട് ശ്രുതി പോലും അതേന്ന് പറയുന്നത് അതേ പാചകം തന്നെ ഉപയോഗിച്ചിരിക്കുന്നു ബ്രഹ്മപ്രാപ്തി ആപനോദി പക്ഷെ ഇത് നാപ്യം ഇതെങ്ങനെ ആപ്യമാകും ശ്രമവ്യാപിയായിരിക്കുന്നു ഒന്നിനെ അത് അനാപ്യമാണ് പ്രാപിക്കാൻ പറ്റിയ ഒന്നല്ല എന്നാലും മനുഷ്യൻ പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പ്രാപിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു അത് സാധ്യമല്ല പ്രാപിച്ച അന്യേന അന്യസ്യ പരിച്ഛിന്ന പരിച്ഛിന്നേന നിഷ്ഠ പരിച്ഛിന്നമായ ഒന്ന് പരിച്ഛിന്നമായ ഒന്നിനെ പ്രാപിക്കും അന്ന് ലോകത്ത് കാണുന്നുണ്ട് ഗമനക്രിയ കൊണ്ട് ഗ്രാമത്തെ പ്രാപിക്കുന്നു ഒരാൾ നടക്കുന്നു ഗ്രാമത്തിലെത്തിച്ചേരുന്നു അഗമനക്രിയ ഗമിക്കുന്നവൻ പരിച്ഛിന്നമാണ് പിന്നെ പ്രാപിക്കേണ്ട ഗ്രാമം പരിച്ഛിന്നമാണ് ദേശ പരിഛന്നമാണ് അല്ലെങ്കിൽ കാലപരിച്ഛിന്നമാണ് അപ്പ ദേശകാല പരിഛന്നമായ വസ്തുക്കളിൽ സംഭവിക്കുന്ന ക്രിയകൾ കൊണ്ടാണ് പ്രാപ്തി സംഭവിക്കുന്നത് അതെല്ലാം പരിച്ഛിന്നമാണ് ഇവിടെ ബ്രഹ്മത്തെ അതുപോലെ എങ്ങനെ പ്രാപിക്കാൻ കഴിയും ഇവിടെ പറയുന്നതിൻ്റെ താല്പര്യം ഈ പ്രാപ്തി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് കർമ്മത്തെ സംബന്ധിച്ചാണ് അല്ലെങ്കിൽ നമുക്ക് പ്രാപ്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാപിക്കുന്നു ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നു എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒന്നിനെ നേടിയെടുക്കുന്നു അതൊക്കെ കർമ്മമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടുത്തെ പ്രാപ്തി ജ്ഞാനമാണ് പറയുന്നത് ി ചോദിക്കുന്നത് കർമ്മത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് സിദ്ധാന്തി സമാധാനം പറയുന്നത് ബ്രഹ്മം എന്താണ് അപരിച്ഛിന്നാണ് കാലദേശം കൊണ്ട് പരിമിതമല്ല സർവാത്മകമാണ് സർവസ്വരൂപമാണ് വിത്യത പരിച്ഛിന്നവ അനാത്മാവ് ആപ്തിരനുഭവമല്ല അതുകൊണ്ട് പരിച്ഛിന്നമായ വസ്തുക്കൾ പരിച്ഛിന്നമായ വസ്തുക്കളെ പ്രാപിക്കുന്നത് പോലെ താൻ തനിൽ നിന്നും ഭിന്നമായി ഒന്നിനെ പ്രാപിക്കുന്നതുപോലെ അതും ഏതാണ് അനാത്മവച്ച ഞാൻ നടക്കുന്നു ഗ്രാമത്തിലേക്ക് പോകാം എനിക്ക് ഗ്രാമത്തെ പ്രാപിക്കാൻ കഴിയുന്ന എന്തുകൊണ്ട് എന്നിൽ നിന്ന് ഗ്രാമം ഭിന്നമായിരുന്നു അനാത്മവ തന്നിൽ നിന്ന് ഭിന്നമായത് അവിടെ തന്നെ പ്രാപ്തി സംഭവിക്കത്തുള്ളൂ ബ്രഹ്മ ബ്രഹ്മപ്രാപ്തി ഈശ്വരപ്രാപ്തി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ എവിടെയെങ്കിലും എത്തിച്ചേരുന്നതോ മറ്റെന്തിനെങ്കിലും ഒന്നിനെ നേടുന്നതോ അല്ല അനാത്മ അത് അനാത്മവസ്തുക്കളെ സംഭവിക്കത്തുള്ളൂ ശാപ്തി അനുഭവമല്ല അതുകൊണ്ട് അതിന്റെ പ്രാപ്തി സാധ്യമല്ല ഇവിടെ ഭാഷകാരൻ ആത്മനോദി എന്ന് പറയുന്ന ചെറിയ വാചകത്തിൽ തുറന്നുള്ള ചർച്ചയാണ് എന്തുകൊണ്ടാണ് ഈ ബ്രഹ്മപ്രാപ്തിയെ സംബന്ധിച്ചുള്ള ഭ്രമം അത് മാറാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മത്തെക്കുറിച്ച് ഒന്നും കേൾക്കാത്തവന്ക്കാൾ കൂടുതൽ ഭ്രമമാണ് ബ്രഹ്മത്തെക്കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ടുള്ളവൻ അവന്റെ മനസ്സിലാണ് ഒരുപാട് സങ്കല്പങ്ങൾ ബ്രഹ്മത്തെ പ്രാപിക്കുക അതിനുവേണ്ടി സാധനങ്ങൾ ചെയ്യുക എന്നെയൊക്കെ സംബന്ധിച്ചുള്ള ധാരാളം ഭ്രമങ്ങളാണ് സംശയമല്ല ഭ്രമം അത് ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഷകാലം വിശദീകരിക്കുന്നത് അങ്ങനെ ഒരു പ്രാപ്തിയില്ല അതെല്ലാം എന്താണോ കർമ്മത്തിന്റെ ക്രിയയുടെ തരത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നത് ഇത് ജ്ഞാനമാണോ ഇവിടെ അത്തരത്തിലുള്ള ഒരു പ്രാപ്തി സംഭവിക്കുന്നുണ്ട് എന്നാലും ഒരു പ്രാപ്തി ആഗ്രഹിച്ചുകൊണ്ട് മനുഷ്യൻ പ്രവർത്തിക്കുന്നു പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല ഇനി ഒരാൾ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്ന് വന്നാലോ അതൊരു വലിയ അബദ്ധമാണ് പക്ഷെ അതിവിടെ ഇല്ല നായും ദോഷ അദ്വൈതത്തിന് അങ്ങനെ ഒരു അബദ്ധമില്ല കഥമെന്തുകൊണ്ട് ദർശന അദർശനാപേക്ഷത്വ ബ്രഹ്മണ ആപ്തി അനാപ്തിയോ കർമ്മത്തിന്റെ തലത്തിൽ ജീവൻ ചിന്തിച്ചു പോയി കർമ്മത്തെ ആശ്രയിച്ചാണ് ജീവന്റെ എല്ലാ ഗതിയും നമ്മൾ കർമ്മത്തെ വിട്ട് ഒന്നിനെ കുറിച്ച് ചിന്തിക്കാൻ വയ്യ എന്തിനെക്കുറിച്ച് ചിന്തിച്ചാലും കർമ്മത്തിന്റെ തലത്തിൽ ചിന്തിക്കും അപ്പം ബ്രഹ്മപ്രാപ്തി എന്ന് കേട്ടാലും എൻ്റെ മനസ്സിലിരിക്കുന്ന ക്രിയ കർമ്മമാണ് അപ്പം ചിന്തിക്കുന്നതാണ് ഞാൻ എന്തൊക്കെ ചെയ്ത് അവസാനം വളരെ ബൃഹത്തായ ഒന്നിനെ പോയി പ്രാപിക്കുന്നു അങ്ങനെ ചിന്തിക്കും മോക്ഷമടയുന്നു ഈശ്വരനെ പ്രാപിക്കുന്നു എന്നെല്ലാം വരുന്നിടത്ത് മനുഷ്യന്റെ മനസ്സിൽ വരുന്ന ധാരണകളാണ് ഭക്ഷ്യകാരം പറയുന്നു അങ്ങനെ കർമ്മവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല പിന്നെന്താണോ പ്രാപ്തി ചിലർ പ്രാപിക്കുന്നു ആപ്തി അനാപ്തി ചിലർ പ്രാപിക്കുന്നില്ല ഇങ്ങനെയെല്ലാം പറയാറുണ്ട് ജ്ഞാനികൾ പ്രാപിച്ചിരിക്കുന്നു അജ്ഞന്മാർ അനാപ്തരാണ് അവർ പ്രാപിക്കുന്നില്ല ഈ പറയുന്ന താല്പര്യം എന്താണ് ദർശന അദർശന അപേക്ഷത്വ ഇത് ജ്ഞാനത്തെ അജ്ഞാനത്തെ അപേക്ഷിച്ചാണ് പറയുന്നത് എന്തിനിച്ചല്ല ക്രിയയെ കർമ്മത്തെ പ്രവൃത്തിയെ അപേക്ഷിച്ചല്ല അതുകൊണ്ടാണ് ഭാഷകാരൻ ഇതിന്റെ ആമുഖമായി പറഞ്ഞത് ഉപാസനകൾ കൊണ്ട് ഹിരണ്യഗർഭപ്രാപ്തി വരെ ഉണ്ടാകാം അതിനാൽ കർമ്മമാണ് ക്രമം കൊണ്ട് അതുവരെ സാധ്യമാകാം അവിടെ പ്രാപ്തി ഉണ്ടാകാം ക്രമമുക്തിയെക്കുറിച്ചും മറ്റും പറയുന്നു ഈ ശരീരം വിട്ടിട്ട് പല വഴികളിലൂടെ സഞ്ചരിച്ച് രണ്ടിഗർഭ ലോകത്തെത്തിച്ചേരുന്നു എന്നൊക്കെ പറയുന്നു അവിടെയൊക്കെ ആപ്തി എന്തുകൊണ്ട് അതിൻ്റെ ഉപാസനയെ ആശ്രയിച്ചുള്ള കാര്യങ്ങൾ ക്രിയയെ ആശ്രയിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ അതല്ല പറയുന്നത് ദർശനം അദർശനം ജ്ഞാനം അജ്ഞാനം ജ്ഞാനത്തെ ആശ്രയിച്ചുള്ള പ്രാപ്തി അജ്ഞാനത്തെ ആശ്രയിച്ചുള്ള അപ്രാപ്തി ഇതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ബ്രഹ്മവിതാപരം പുസ്തകത്തെ പ്രാപിക്കുക എന്ന് പറയും പുസ്തകത്തെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കണം വായിക്കാൻ വേണ്ടിയോ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പുസ്തകത്തെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ് ഒന്നെന്താണ് ആ പുസ്തകം പ്രവൃത്തിയിലൂടെ പ്രാപിക്കുക പുസ്തകത്തെ സ്വന്തമാക്കുക പുസ്തകം വിലവെടുത്ത് വാങ്ങുക അല്ലെങ്കിൽ പുസ്തകത്തെ നിർമ്മിക്കുക അല്ലെങ്കിൽ പുസ്തകത്തെ ഏതെങ്കിലും തരത്തിൽ അത് കൈവശമാക്കുക അതിനെ ഉപയോഗിക്കുക വായിക്കുക ഇതൊക്കെ പുസ്തകത്തിന്റെ പ്രാപ്തിയാണ് അത് കർമ്മങ്ങളിലൂടെയുള്ള പ്രാപ്തി അത് ദർശനം അദർശനം അതിനെ ആശ്രയിച്ചിട്ടുള്ളതല്ല തന്റെ കർമ്മത്തെ ആശ്രയിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇനി വേറൊരു തരത്തിലുള്ള പ്രാപ്തിയുണ്ട് അതങ്ങനെ പുസ്തകം മുമ്പിലിരിക്കുന്നു അതുമായിട്ട് ഇന്ദ്രിയ ബന്ധമുണ്ടായി ഇന്ദ്രിയ സന്നിധർഷമുണ്ടായി ഇതം പുസ്തകം ഇത് പുസ്തകമാണെന്നുള്ള ജ്ഞാനമുണ്ടാകും ഇതും മറ്റൊരു തരത്തിലുള്ള പ്രാപ്തിയാണ് അവിടെ മറ്റ് വ്യാപാരങ്ങളൊന്നുമില്ല ജ്ഞാനത്തിൽ വ്യാപാരമില്ല അവിടെ അങ്ങേറ്റം വന്ന വ്യാപാരം എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു അവിടെ വന്നതെന്താണ് ഇന്ദ്രിയവും പുസ്തകവുമായിട്ടൊരു ബന്ധമുണ്ടായി മനസ്സിന്റെ സാന്നിധ്യം അവിടെ വന്നു പുസ്തകത്തെക്കുറിച്ചുള്ള ആപ്തി പ്രാപ്തി അവിടെ ഉണ്ടായതാണ് പുസ്തകത്തിന്റെ ദർശനം ജ്ഞാനം ആ ജ്ഞാനത്തിൽ കർമ്മമില്ല അജ്ഞാനസ്വയം കർമ്മമല്ല വസ്തു എങ്ങനെയും അതുപോലെ ഉള്ളിൽ പ്രകാശം ആ പ്രകാശത്ത് നമുക്ക് വിശദീകരിക്കാൻ സാധ്യത അനുഭവം പുസ്തകാനുഭവം ഇതൊരു പ്രാപ്തിയാണ് ഇനി ബാക്കി പുസ്തകത്തെ സ്വന്തമാക്കാൻ വേണ്ടി ചെയ്യുന്ന കായികമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള മറ്റ് അതെല്ലാം എന്താണ് അതൊക്കെ ക്രിയകൾ അതിലൂടെയുള്ള പ്രാപ്തി ഇവിടെ ആ ദർശനം കൊണ്ടുള്ള പ്രാപ്തി എങ്ങനെയാണോ വിജ്ഞാനം ഉണ്ടായത് തന്റെ മുമ്പിലുള്ള വസ്തുവിനെ സംബന്ധിച്ച് ഇന്ദ്രിയാർത്ഥ സന്നി രക്ഷം കൊണ്ട് ആ വസ്തുജ്ഞാനം ഉണ്ടാകുന്നത് അതിനു നമുക്ക് പറയാം പ്രാപ്തി എന്ന് പറയാമെങ്കിൽ അതുപോലെ ബ്രഹ്മത്തിന്റെ പ്രാപ്തി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എന്താണോ ദർശനം അത് മാത്രം ആ ദർശനത്തിനപ്പുറം അവിടെ ഒരു പ്രാപ്തിയില്ല ഇനി അത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഒരു ഉദാഹരണത്തിലുള്ളൊരു ഭാഷകാരൻ അത് വിശദീകരിക്കും എങ്ങനെയാണ് പരമാർത്ഥത ബ്രഹ്മരൂപശി സത്വസ്യ ജീവസ്യ ഭൂതമാത്രാകൃത ബാഹ്യപരിച്ഛിന്ന അന്നമയാദി ആത്മദർശിന തസക്തചേതസ പ്രകൃതസ്യാണത്മനോ അഭ്യഭാസിത്ത പരമാർബ്രഹ്മസ്വഭാവദർശനലക്ഷണയാ അവിദ്യയാ അന്നമയാദീൻ ബാഹ്യൻ അനാത്മന ആത്മത്വന പ്രതിപന്ന അന്നമയാതി അനാത്മഭ്യോ ന അന്യോ അഹം അസ്മീത് അഭിമന്യത ഒറ്റ വാചകത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ പറയുന്ന കാര്യം വളരെ പ്രസിദ്ധമായൊരു ഉദാഹരണമാണ് ആ ഉദാഹരണം എന്താണെന്ന് വിശദീകരിക്കാതെ തന്നെ ഭാഷ്യകാരൻ കാര്യം പറഞ്ഞിരിക്കുകയാണ് അതാണ് ഭാഷ്യകാരൻ്റെ ഒരു പ്രത്യേകത ഈ ഒരു കാര്യം സാധാരണ ഗതി പറയുകയാണെങ്കിൽ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് ഒരുപാട് വിശദീകരിക്കും ഇവിടെ പറയുന്ന സംഭവം എന്താണോ നമ്മൾ കേട്ടിട്ടുള്ളത് പത്ത് നിരക്ഷരായ ഗ്രാമീണര് നദി കടന്നു മറുവശത്ത് നിന്ന് ഒരാൾ എണ്ണി എല്ലാവരും എത്തിച്ചേർന്നു എണ്ണി കഴിഞ്ഞപ്പോൾ ഒമ്പത് പേരെ എണ്ണാൻ കഴിഞ്ഞപ്പോൾ ഉടനെ അയാളെ ദുഃഖിക്കുന്നു ഇപ്പൊ നദിയിൽ നിന്ന് കടന്നു വന്ന പെട്ടെന്നുള്ള ആ സംരംഭത്തിൽ നന്ദി നീന്തി കടന്നു വന്നതാണ് നദിയിലുലി ഒഴുക്കുണ്ടായിരുന്നു ആരെങ്കിലും നഷ്ടപ്പെടും എന്നുള്ള ഭയം ഉണ്ടായിരുന്നു സ്വതേ ഗ്രാമീണരാണ് നിഷ്കളങ്ക സ്വഭാവമുള്ളവരാണ് നിരക്ഷരാണ് ചിന്താശേഷി കുറഞ്ഞവരാണ് അതുകൊണ്ട് എന്ത് ചെയ്തു എണ്ണിയപ്പോ പത്തുപേരും ഉണ്ടായിരുന്നെങ്കിലും തന്റെ മുമ്പിൽ കണ്ട ഒമ്പത് പേരെ എണ്ണി തന്നെ എണ്ണാത്തത് കൊണ്ട് ഒമ്പത് പേരേ ഉള്ളൂ എന്ന് കരുതി ഒരാൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ അയാൾ ദുഃഖിക്കുന്നു പെട്ടതാണെന്ന് മറ്റൊരാള് പറയുന്നു ദശമസി ആണ് ദശമത്തുമസി ഇതാണ് തത്വമസിയെ വ്യാഖ്യാനിക്കാൻ വേണ്ടി പറയുന്ന പ്രസിദ്ധമായ ദൃഷ്ടം ദശമ ത്വം ആ ദശമെന്നുള്ളതിന്റെ സ്ഥാനത്ത് തത് ബാക്കി എന്താണ് തത്തിന്റെ സ്ഥാനത്ത് ദശമ ബാക്കി എന്താണ് അസി രണ്ടത്തും ഇത് കേട്ടപ്പോ തന്നെ ദശമ ത്വമസി വന്റെ ചോദ്യം എന്താണ് പത്താമത്തെവൻ ഇവിടെ ഇതെല്ലാം ഒരു നിമിഷം സംഭവിക്കാവുന്ന ഒരു ഭ്രമമാണ് അടുത്ത നിമിഷം അത് മാറാവുന്നതുമാണ് സാധാരണ മനുഷ്യന് വരാവുന്ന മറ്റ് ഭ്രമങ്ങളെപ്പോലും പ്രതിനിമിഷം ഇത്തരം ഭ്രമങ്ങൾക്ക് നമ്മൾ അടിവം പെട്ടുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് മാറുന്നുള്ളൂ നമ്മുടെ വാക് മനകായ പ്രവൃത്തികളെയൊന്നും ബാധിക്കാറില്ല കാരണം ഈ ഭ്രമം ക്ഷണികമായി വരികയും പോവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്തരം ഭ്രമങ്ങൾക്ക് നമ്മൾ നിരന്തരം ഓരോ കാര്യത്തിൽ നമ്മളടിയും പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ക്ഷണികമായൊരു ഭ്രമം ഒന്നും പെട്ടെന്ന് ഒരാൾക്ക് സ്വയം തോന്നാം അല്ലെങ്കിൽ മറ്റൊരാളെ ബോധിപ്പിക്കാം ഇവിടെ പറയുന്ന മറ്റൊരാൾ ബോധിപ്പിച്ചു ദശമോ തുമസി പെട്ടെന്ന് ആ ക്ഷണം അയാളുടെ ഭ്രമം എന്താണ് ദശമോഹം ഞാനാണ് ദശമൻ തത്വമസി ശിവോഹം ഞാനാണ് ആ തത്വം എന്നറിയുന്നത് പോലെ അത് ക്ഷണികമായി അനായാസമായി അറിയുന്നു അവിടെ എന്തുപറയാം ദശമൻ പ്രാപ്തനായി ദശമപ്രാപ്തി തത്വമസിന്ന് പറയുന്നതാണ് തത്പ്രാപ്തമായി ഇവിടെ പറഞ്ഞ പരം ആത്മനവദി ആ പരമപ്രാപ്തി ആ ദശമപ്രാപ്തിയിലെന്താണ് എന്താ അവിടെ നിമിത്തം അതാണ് ഭാഷകാരം പറഞ്ഞു ദർശന അദർശന വേഷത്വ ജ്ഞാനവും അജ്ഞാനവും മാത്രം ആ നിമിഷം ഒരു നിമിഷമായിട്ട് മനസ്സിലുണ്ടായ ആ ഭ്രമം അതിനെ തന്നെ നമുക്ക് പറയാം മനസ്സിലാക്കാൻ സൗകര്യത്തിന് ജ്ഞാനം അത് വന്നതുപോലെ തന്നെ പോയി അടുത്ത ക്ഷണത്തിൽ തന്നെ പോയി ചെറിയൊരു നിമിത്തം പുറമേ നിന്നുണ്ടായതേയുള്ള ഒന്നാണ് ദശമസ്തമസി എന്ന് പറയുന്നൊരു വാക്യം ഇപ്പൊ താൻ ദശമനായി അപ്പോ ഒമ്പത് പേരിൽ അവർക്ക് പത്ത് പേരിൽ അവർക്ക് ഒരാൾ നഷ്ടപ്പെട്ടിരുന്നു നഷ്ടപ്പെട്ടയാളെ തിരിച്ചു കിട്ടിക്കും ദശമപ്രാപ്തി ഇവിടെ എന്തായി പ്രാപ്തിക്ക് അർത്ഥം ദർശനം എന്നുള്ളത് ഇവിടെ ദർശനം തന്നെയാണ് പ്രാപ്തി ശമൻ ഞാൻ ദശമൻ എന്ന് അറിഞ്ഞത് തന്നെ അതല്ലാതെ ഇവിടെ പ്രാപ്തിക്കുന്ന അർത്ഥമുണ്ടെന്ന് പ്രാപ്തി ശബ്ദത്തിനുള്ള മറ്റർത്ഥങ്ങളെല്ലാം ക്രിയകളെ സംബന്ധിച്ചാണ് ജ്ഞാനത്തെ സംബന്ധിച്ചു പ്രാപ്തി എന്ന് പറഞ്ഞാൽ വേറെ ഒരർത്ഥമില്ല ഇതേ എന്നറിയുന്നു ഇതാണ് ബ്രഹ്മപ്രാപ്തി എന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ബ്രഹ്മപ്രാപ്തിയും ഇതാണ് ഇതിലപ്പുറം അവിടെ സ്ത്രീയിലൂടെയുള്ള ഒരു പ്രാപ്തി പ്രാപിക്കാനൊന്നുമില്ല അതിനു പ്രാപിക്കാനുള്ള ക്രിയകളുമില്ല ധാരാളം ക്രിയകളും മറ്റും ഉണ്ട് പക്ഷെ അതൊന്നും ബ്രഹ്മപ്രാപ്തിക്കുള്ള ബ്രഹ്മമല്ലാത്ത പലതിനെയും പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രിയകളാണ് ഒരുപാട് ഉപാസനകളും അഭ്യാസങ്ങളും എല്ലാം ഇത് ദർശനം മാത്രം അത് ഇതിലും വ്യക്തമായ ഒരു ഉദാഹരണത്തിലൂടെ ഇതിനെ വിശദീകരിക്കാൻ സാധ്യമല്ലെന്ന് പറയുന്ന പ്രസിദ്ധമായ ഉദാഹരണം പക്ഷികരണ വാക്യം പോലും കൂടെ പറയുന്നില്ല അതെല്ലാം നമ്മൾ മനസ്സിലായിപ്പോന്നു ഉപമങ്ങളിലൂടെയും കഥകളിലൂടെയും ആചാര്യന്മാർ ഇതും വിശദീകരിക്കാറുണ്ട് അതുതന്നെ പലതരത്തിൽ ചിലപ്പോൾ ആ കഥകളായി ഒരുപാട് വർണ്ണിച്ച് അങ്ങനെ വിശദീകരിക്കും അത് ആ ശ്രോതാവിന്റെ നിലവാരം അനുസരിച്ച് ഭാഷകാരന്റെ ശ്രോതാക്കളെന്ന് പറയുന്നത് കുറച്ച് നിലവാരമുള്ളവരാണ് കൂടുതലും കഥയൊന്നും പറയത്തില്ല അത്യാവശ്യം ഒന്ന് പരാമർശിക്കുക മാത്രമേ ഇവിടെയുള്ളൂ സന്തോഷിപ്പിക്കാൻ വേണ്ടി കഥ പറയത്തില്ല അതുകൊണ്ട് ആ കഥ പറയാതെ ആ വാക്യം പറയാതെ തന്നെ ആ കാര്യത്തെ ഇവിടെ വിശദീകരിക്കുന്നു പരമാർത്ഥത ബ്രഹ്മസ്വരൂപ്യാവി സദൂസി ജീവശ്യാമി പരമാർത്ഥത്തിൽ ബ്രഹ്മസ്വരൂപം തന്നെ സത്താണോ പരമാർത്ഥസ്വരൂപമായി സത്തായിരിക്കും സത് സ്വരൂപമായിരിക്കുന്നു പരമാർത്ഥസ്വരൂപമായിരിക്കുന്നു എന്നർത്ഥം പരമാർത്ഥം തന്നെ സത് അപ്പൊ പരമാർത്ഥ സ്വരൂപമായിരിക്കുന്നു ആ ജീവൻ എന്ന് പറഞ്ഞാൽ ഈ ദുഃഖിക്കുന്നവൻ തന്നെ ദശമനായിരിക്കുന്നു എന്നർത്ഥം അവൻ മറ്റൊരു ദശമനെ അന്വേഷിക്കുകയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് ദശമൻ അവന്റെ പേരിൽ ദുഃഖിക്കുകയാണ് പക്ഷെ ഇവിടെ പറയുന്നു പരമാർത്ഥ സത് ആയിരിക്കുന്ന ദശമൻ ദശമസി സ്വത എന്ന് പറയുന്നത് ദശമനായിരിക്കുന്ന അവൻ തന്നെയാണ് ഇത്രയുള്ളൂ വ്യത്യാസം താൻ തന്നെ ദശമനായിരുന്നിട്ട് താൻ ദശമന് അന്വേഷിക്കുന്നതിൽ എന്താ യുക്തിയുള്ള അത് യാതൊരു യുക്തിയില്ല എന്നാലത് സംഭവിക്കുന്നു ആൾക്കാർ ചോദിക്കും താൻ ബ്രഹ്മസ്വരൂപനാണെങ്കിൽ പിന്നെ എന്തിനാ താൻ ബ്രഹ്മത്തെ അന്വേഷിക്കണം ആ ബ്രഹ്മപ്രാപ്തി ഇത് സംഭവിക്കാത്തതുകൊണ്ട് വരുന്ന ഈ സംസാരം ദുഃഖം ജനനം മരണം ഇതൊക്കെ ഞാൻ എന്തിനു അനുഭവിക്കുന്നു എന്തുകൊണ്ട് താൻ ആ ബ്രഹ്മസ്വരൂപമാണ് എന്ന് പറഞ്ഞാൽ അതിന് യുക്തി അന്വേഷിക്കണം തന്റെ സമാധാനം അന്വേഷിക്കണം എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് നിശ്ചലവും നിർവികാരവും നിർഗുണവുമായതിനും ആ പരബ്രഹ്മം എങ്ങനെ സംസാരിയായി അതിൽ നിന്നെങ്ങനെ സംസാരം എങ്ങനെ ഉണ്ടായി പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി ബന്ധമോക്ഷ വ്യവസ്ഥകളൊക്കെ എങ്ങനെ പറഞ്ഞു അതിനൊന്നും ഒരു സാധ്യതയില്ലല്ലോ അതിന് സമാധാനവും കൂടെ ഈ പറയുന്നത് എന്താണോ ഈ ദശമൻ ദശമൻ അല്ലാകാതാകുന്നതിനും ഒരു സാധ്യതയില്ല ദശമ്മൻ എപ്പോഴും ദശമൻ തന്നെയാണ് ദശമൻ അല്ലാതാകുന്നില്ലേ അവൻ ഒരിക്കൽ എന്നാലും അവൻ അല്ലാതായി അതുകൊണ്ടാണല്ലോ അന്വേഷിക്കുന്നത് ഇവിടെ ദശങ്ങൾ ആ ദശമനെ കാണാതുകൊണ്ട് അവൻ ദുഃഖിക്കുന്നു ഇതെല്ലാം സംഭവിക്കുന്നില്ലേ വാസ്തവത്തിൽ സ്വയം അതല്ലാതായിട്ടാണോ അല്ല എന്നാലും സംഭവിച്ചല്ലേ സംഭവിച്ചു അപ്പൊ ഇതിന്റെ ഒരു സ്വയം താൻ ഒരിക്കലും ദശമനല്ലാതായില്ല എന്നിട്ടും താൻ ദശമനല്ലാതെ ആയി ദുഃഖിക്കുന്നു ഇത് വിരുദ്ധമാണല്ലോ ഇതിലെന്താ യുക്തി ഇതിന് ഒരു യുക്തിയില്ല അനുഭവത്തിന് പിന്നെ യുക്തിയുടെ ആവശ്യമില്ല ഇതിന്റെ അനുഭവമാണ് എന്താണോ താൻ അനുഭവിക്കുന്നു തന്റെ ദശമനായി അനുഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാലും മതി അതാണ് താൻ ദശമൻ ആണെന്ന് അനുഭവിക്കുന്നില്ല എന്ന് പറഞ്ഞു തന്നെ ദശമനായിട്ട് അവൻ അറിയുന്നില്ല എന്നാൽ അതേസമയം താനാണ് ദശമൻ ഇത് വിരുദ്ധമായ കാര്യമാണ് പക്ഷേ ഇത് സംഭവിക്കുന്നു ഇതിനെന്താ യുക്തി യുക്തിയില്ല എന്നാൽ ഇത് ഇത് രണ്ടും അനുഭവമാണ് ആദ്യം താൻ ദശമനല്ല അല്ലെങ്കിൽ തന്നെ ദശമനായി അവൻ അറിയുന്നില്ല ഇതൊരനുഭവം അതിനെ തുടർന്ന് വരുന്ന അന്വേഷണങ്ങളും ദുഃഖങ്ങളും ഇല്ല രണ്ടാമത്തെ അനുഭവം എന്താണ് താൻ ദശമനാണോ ഇത് ഒരിക്കലും ഒരു സ്ഥലത്ത് സംഭവിക്കാൻ പാടുള്ളതല്ല പകലും രാത്രിയും പോലെ പരസ്പര വിരുദ്ധമായ ബ്രഹ്മസൂത്രത്തിൽ ഇത് പറഞ്ഞുകൊണ്ടാണ് ചർച്ചയെല്ലാം തുടങ്ങുന്നത് യുഷ്മുദസ്മത്യ ഗോചരോ തമപ്രകാശോ സ്വഭാവം വെളിച്ചവും ഇരട്ടും പോലെ പരസ്പര വിരുദ്ധമായൊരു കാര്യമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ യുക്തികളെ അന്വേഷിക്കുകയാണ് ഇതെങ്ങനെ സംഭവിക്കും അത് യുക്തി അതിനില്ല യുക്തി ഇല്ലാതെ പിന്നെ സംഭവിച്ചാൽ പിന്നെ അതിന് പറയുന്നതാണ് ഭ്രമം മായ അവിദ്യ അജ്ഞാനം മോഹം ഉള്ള വാക്കുകൾ ഉപയോഗിക്കുക അത് വിശദമാക്കാനാണ് ഈ വളരെ മനോഹരമായ ദൃഷ്ടാന്തം ഇവിടെ പറയുന്നത് ഇതിലൂടെ അത് പൂർണ്ണമായും വെളിപ്പെടും ഇനി ഇത്രയേ സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ളത് പക്ഷേ ദശമനോട് അവനങ്ങനെ ദുഃഖിക്കുമ്പോൾ ഒരാളെ എന്ന് പറയുന്നത് ഈ തന്നെയാണ് ദശമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇനി മനസ്സിലാക്കാൻ കഴിയാത്തവനാണെങ്കിലോ അത്രയും മന്ദബുദ്ധിയാണെങ്കിലും പിന്നെന്താ സംഭവിക്കുക പറയുന്നുകൊണ്ട് പ്രയോജനമില്ലാതായിത്തീരുന്നു അതാണ് സാധാരണ സംഭവിക്കുന്നത് വാസ്തവത്തിലെന്താണ് ബ്രഹ്മരൂപിശതീവസ്യം ഈ ജീവന് ഈ ജീവഭാവത്തിലിരിക്കുന്നെങ്കിലും പരമാർത്ഥത്തിൽ ആ സത്ത് തന്നെയാണ് ഭൂതമാത്രാകൃത ബാഹ്യപരിച്ഛിന്ന അന്നമയാദി ആത്മദർശിന ഇനി അടുത്തുകൂടെ വിശദീകരിക്കും അന്നമയാദി ആത്മാക്കളക്കും അന്നമയമായ ആത്മാവ് മനോമയം ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു ഭൂതമാത്രകൊണ്ടുണ്ടാകുന്ന ബാഹ്യപരിച്ഛിന്നം ബാഹ്യമായ പരിമിതികൾ അന്നമയാദി ആത്മദർശനം അന്നമയാദി സ്വരൂപം ആ ജീവൻ തന്നെ ഈ സ്ഥൂലമായ ഭൂതമാത്രകളെ കൊണ്ടുണ്ടായ ഈ അന്നമയ ശരീരം അതിനോടുള്ള അതിലുള്ള ആത്മദർശനം താൻ അതാണെന്ന് കരുതുക അതുപോലെ മനോമയ പ്രാണമയാദി ആത്മദർശനം ഇതിനോടെല്ലാം ഉള്ള ഒരു താതാല്യം അതാണ് ഈ ജീവനിൽ സംഭവിച്ചിരിക്കുന്നത് അത് സംഭവിച്ചിട്ട് എന്ത് ചെയ്യുന്നു തത്വമസി എന്ന് പറഞ്ഞാലും തന്നെ തത്തായി ഗ്രഹിക്കുന്നില്ല മനസ്സിൽ അന്നമയമായ ഈ ജീവഭാവത്തിൽ തന്നെ ഗ്രഹിക്കുന്നു തദ്സക്ത ചേതസ് അതിൽ ഉറച്ചുപോയ മനസ്സ് ക്രിസ്തു ശരീരത്തിൽ ഉറച്ച മനസ്സ് ഈ ശരീരവുമായി ബന്ധപ്പെട്ട സർവദിനും ഉറച്ചിരിക്കുന്ന മനസ്സ് അത് തന്നെയാണ് അത് വ്യക്തമാക്കുന്നതിനാണ് ദശമന്റെ ഉദാഹരണം പറയുന്നത് ദശമെന്താണ് സംഭവിച്ചത് അയാൾ നദിയിൽ ധാരാളം വെള്ളമുണ്ടായിരുന്നു വളരെ ആയാസപ്പെട്ടാണ് മറുകരത്ത് ചെന്നത് അപ്പൊ അത് പരിഭ്രമമായിരുന്നു അപ്പൊ പരിഭ്രമത്തിനും മറ്റും മറുകരയ്ക്ക് കയറി ഇത്തിരി ആയാസപ്പെട്ട് മറുകരി പെട്ടെന്ന് അയാൾക്ക് തോന്നി എല്ലാവരും വന്നോ ആരെങ്കിലും നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ടല്ലോ ഹ്യപരിച്ഛന്ന ഇപ്പൊ തന്നു തന്നെ വിട്ടുള്ള ബാഹ്യമായി ചെന്ത ആ ദശമൻ തന്നെ തൽക്കാലത്തേക്ക് വിസ്മരിച്ചിട്ട് താനാ നദി കടന്നപ്പോ അനുഭവിച്ച പ്രയാസങ്ങളും എന്താണ് തത് ചെയ്ത സഹ തന്റെ കൂടെ വന്നവരോടുള്ള തന്റെ സ്നേഹം ആസക്തി അതെല്ലാം കൊണ്ട് തന്നെ മറന്നിട്ട് അവരെക്കുറിച്ച് ചിന്തിച്ചു അതെല്ലാം ജീവന് എങ്ങനെയാണോ ഈ ശരീരത്തിൽ അഭിമാനമെന്ന് തത് മറക്കുന്ന അതുപോലെ തന്നെ ഈ ദശമന് സംഭവിച്ചു മറുവശത്ത് വന്ന പരിഭ്രമത്തിൽ പെട്ടെന്ന് നോക്കി എല്ലാവരും ഉണ്ടോ അതൊരു നിമിഷം സംഭവിക്കുന്ന കാര്യമാണ് പെട്ടെന്ന് കൂടുതലൊന്നും ചിന്തിക്കാതെ അയാൾ തിരിച്ചറിഞ്ഞു എന്താണ് ഒമ്പത് പേരെ ഉള്ളത് പ്രകൃതസംഖ്യാപൂർണ്ണനോ അഭിഭിതമാണ് പ്രകൃതസംഖ്യാപൂർണമായിരിക്കുന്ന എന്താണ് ദശമ ഒമ്പത് കഴിഞ്ഞ് പത്താമത്തെ സംഖ്യമാണ് ദശമഹ എന്ന് പറഞ്ഞാൽ പത്തൊന്നുള്ള പത്താമത്തേത് അതാണ് സംഖ്യാപൂരണമെന്ന് പറയുന്നത് പ്രഥമ ഒന്നാമത്തേത് എന്ന് പറയുന്നത് പോലെ ദ്വിതീയ രണ്ടാമത്തേത് അതുപോലെ ദശമഹ പത്താമത്തേത് അത് സംഖ്യാപൂരണമെന്ന് പറയും കേവല സംഖ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദം ഉപയോഗിക്കുന്നത് സംഖ്യാപൂർണത്തിന് വേണ്ടിയിട്ടാണ് ഒന്ന് പ്രഥമ ഒന്നാമത്തേത് ആ വ്യത്യാസം അതിലൂടെ സംഖ്യാപൂരണം പത്താമത്തേത് എന്ന് തന്നെ അറിയും ആ സംഖ്യ പൂരിപ്പിക്കുന്ന ആരാണ് താൻ തന്നെ പത്താമത്തേതാകേണ്ടവനാരാണ് താൻ തന്നെ പത്താമൻ പ്രകൃതസംഖ്യാപൂർണ്ണ സാത്മന അംവ്യവഹിത സാമി വാസ്തവത്തിൽ അവിടെ തനിക്ക് ഏറ്റവും സ്പഷ്ടമായിരിക്കുന്ന താനാണ് ബാക്കി ഒമ്പത് പേരും ഏതെങ്കിലും തരത്തിൽ വിവഹിതമാകാം കാരണം ഒമ്പത് പേര് മുമ്പ് നിൽക്കുന്നു ഒരാളിൽ ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ ബാക്കി എട്ടുപേരിലും ദൃഷ്ടിയില്ല അപ്പത് ഒരാളെ എണ്ണുന്ന സമയം അയാളല്ലേ മനസ്സിൽ മറ്റു എട്ടുപേരും എണ്ണു അതൊക്കെ വ്യവഹിതമായിരിക്കുന്നു മുമ്പിൽ കാണുന്ന ഒമ്പത് പേർ ഒന്നിൽ മറ്റ് എട്ടും മറഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള തകരാറുകളുണ്ടോ മറ്റുള്ളവരെ അറിയാൻ ശ്രമിക്കുമ്പോൾ തൻ്റെ കൂടെ വന്നവരെ അറിയാൻ ശ്രമിക്കുമ്പോൾ പക്ഷെ താനാണെങ്കിലും അവ്യഹിതമായിരിക്കുന്നു താൻ തനിക്കൊരിക്കലും വിവഹിതമാകാൻ പാടില്ല പക്ഷെ അത് സംഭവിച്ചു തത്തോമസി എന്ന് പറയുമ്പോൾ തന്റെ സ്വരൂപം തത്താണ് അത് ഒരിക്കലും തന്നിൽ നിന്ന് അന്യമാകാനോ താൻ അല്ലാതാകാനോ തനിക്ക് അജ്ഞേയമായിരിക്കാനോ ഒന്നും പാടില്ല അമ്പഹിതമാണോ പക്ഷെ എന്നാലും അത് സംഭവിക്കുന്നു അതെങ്ങനെ സംഭവിക്കും അതിന് വിശദീകരിക്കുകയാണ് ഭാഷക്കാരൻ പ്രകൃതസംഖ്യാപരുന്ന ഇവിടെ ദശമൻ പത്താമനായിരിക്കേണ്ടവനായ ആത്മന താൻ മറിഞ്ഞിരിക്കുന്നുണ്ട് അത് പരമാർത്ഥമാണ് തനിക്ക് എങ്ങനെ തന്നെ വിസ്മരിക്കാൻ കഴിയും അത് സാധ്യമല്ല എങ്കിലും ബാഹ്യ സംഖ്യയ വിഷയ ആസക്ത ചിന്തതയാണ് സംഖ്യേയം എണ്ണേണ്ടത് പുറമെയാണ് തന്നെയാണ് ബാക്കി ഒമ്പത് പേര് സംഖ്യ വിഷയം ആസക്തചിത്തതയോ അതിൽ മനസ്സങ്ങ് ആസക്തമായി പോയി അതിൽ മനസ്സങ്ങ് ഉറച്ചുപോയി മറ്റ് പരിഭ്രമം മറ്റ് പലതുമുണ്ട് അതോടൊപ്പം തന്നെ എണ്ണേണ്ടവരിൽ മനസ്സുറച്ചു അപ്പൊ എണ്ണുന്നവൻ മനസ്സ് നിന്നില്ല എണ്ണുന്നവനൻ മനസ്സ് നിന്നില്ല അത് തന്നെയാണ് ഇവിടെയും തത്വമസിന്ന് പറയുമ്പോഴും അത്ത താനായി ഗ്രഹിക്കേണ്ടത് അവന ഗ്രഹിക്കുന്നെല്ലാം മറിച്ച് സംഖ്യ വിഷയ ആസക്തചിത്തതയോ തന്നിൽ നിന്ന് അന്യമായിരിക്കുന്ന ശരീര വിഷയങ്ങളിൽ മനസ്സാസക്തമാകുന്നു എങ്ങനെയാണോ ദശമൻ താൻ എണ്ണേണ്ടിയിരുന്ന താൻ അറിയേണ്ടിയിരുന്ന മറ്റുള്ളവരിൽ സംഖ്യങ്ങളായിരിക്കുന്ന വ്യക്തികളിൽ ആസക്തനായത് അവരിൽ മനസ്സുറച്ചത് അതുപോലെ തത്വമസ്യെന്ന് ശ്രമിക്കുമ്പോഴും അത്തൽ നിന്നും ഭിന്നമായ ഈ ശരീരം ഉൾപ്പെടെയുള്ള വിഷയാസക്തചിത്തത വിഷയങ്ങളിൽ ആസക്തമായ മനസ്സുകൊണ്ട് സ്വരൂപഭാവദർശനവ സ്വരൂപ അഭാവദർശനം ഉണ്ടാകുന്നു അതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത് സ്വരൂപദർശനമല്ല താൻ ദശമിനാണെന്നുള്ള അറിവല്ല മറിച്ചതിന്റെ അഭാവദർശനമുണ്ടാകും എങ്ങനെ അഭാവദർശനം ഉണ്ടാകുന്നു താനാണ് പത്താമൻ അതിന്റെ സ്ഥാനത്ത് എന്ത് പറയുന്നു പത്താമൻ ഇല്ല എന്തുപറയുന്നു തത് ഇല്ല ഈശ്വരൻ ഇല്ല ബ്രഹ്മം ഇല്ല അതാണ് സ്വരൂപ ഭാവദർശനപത് സർവജീവന്മാരും ശരീരാദി വിഷയങ്ങളിൽ മനസ്സുറപ്പിച്ച് അതിനാശ്രിച്ചുള്ള വ്യവഹാരങ്ങളിൽ നിരന്തരം മുഴുകിയിട്ട് തത്സ്വരൂപമായിരിക്കുന്ന പരമാർത്ഥത്തെ മറക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് അതെങ്ങനെ സംഭവിക്കും അതിന് നമ്മൾ ഏത് കാര്യത്തിനും എന്താണോ എന്ത് കാര്യം പറഞ്ഞാലും നമ്മൾ ചോദിക്കുന്നത് എന്താ അതിന് യുക്തിയുണ്ടോ അതിന് അനുഭവമുണ്ടോ അല്ലെങ്കിൽ നിങ്ങളീ പറയുന്നത് എങ്ങനെ സ്വീകരിക്കാൻ പറ്റും അനുഭാഷ്യകാരൻ പറയുന്ന യുക്തി യുക്തിക്കാണ് ദൃഷ്ടാന്തത്തിന്റെ ആവശ്യം ഉപമാ ഉദാഹരണങ്ങൾ അതെല്ലാം വേണ്ടി വരുന്നത് യുക്തിക്ക് വേണ്ടിയിട്ടാണ് തത്വത്തെ ബോധിക്കുന്നതിന് യുക്തിയുടെ ആവശ്യമില്ല യുക്തി കൊണ്ട് അതിനെ ബോധിക്കാനും കഴിയും അത് ദൃഷ്ടാന്തങ്ങളിലൂടെ ഉപമങ്ങളിലൂടെ ബോധിക്കാൻ പറ്റത്തില്ല പക്ഷെ യുക്തിയെ ഒന്ന് സമാനപ്പെടുത്തണമല്ലോ അതിനുവേണ്ടിയിട്ടാണ് പറയുന്നത് ആ യുക്തിയെക്ക് ബോധ്യപ്പെട്ടുകഴിഞ്ഞാൽ നമ്മൾ അതിനെന്തെങ്കിലും തത്വമായി അംഗീകരിക്കും ഒന്നിനെ തത്വമായി അംഗീകരിക്കണമെങ്കിൽ യുക്തിക്ക് ബോധ്യപ്പെടണം പക്ഷെ യുക്തി കൊണ്ടൊരിക്കലും തത്വത്തെ ഗ്രഹിക്കാനും സാധ്യമല്ല പക്ഷെ തത്വമായിട്ടംഗീകാരം അതിന് വേണമല്ലോ അതിനുവേണ്ടിയിട്ടിവിടെ യുക്തിയെ പറയുന്നു എല്ലായിടത്തും അറിയുന്ന യുക്തി ദൃഷ്ടാന്തം ഉപമ എല്ലാം അതിന് വേണ്ടിയിട്ടാണ് ആ യുക്തി വിശദീകരിക്കുന്നതാണ് ഇവിടെ പറയുന്ന ദൃഷ്ടാന്തം ദൃഷ്ടാന്തത്തെ തന്നെ ചില സന്ദർഭങ്ങളിൽ യുക്തിയെന്നും പറയും ന്യായമെന്നും പറയും ഇവിടെ അത് വിശദീകരിക്കുന്നു സ്വരൂപഭാവ ദർശനവും സ്വരൂപഭാവജ്ഞാനം ഉണ്ടായി താൻ ദശമനാണ് എന്നറിയേണ്ട സ്ഥാനത്ത് എന്തുണ്ടായി ദശമൻ ഇല്ല എന്നുള്ളതുണ്ടായി തത് ഇല്ല പരമാത്മാ ഇല്ല ബ്രഹ്മമില്ല അപ്പൊ അങ്ങനെ ഒരു അനുഭവം ഒരാൾക്ക് ഉണ്ടാകുന്നതിൽ അതി അതിശയിക്കാനൊന്നുമില്ലെന്നാ പറയുന്നു അത്ഭുതപ്പെടാനൊന്നുമില്ല ഇത് സാധാരണ സംഭവിക്കുന്ന കാര്യമോ സ്വരൂപ അഭാവദർശനം ഇത് സർവജീവന്മാരിലും സഹജമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ തന്നെ തത്തായി അറിയുന്നില്ല പരമാർത്ഥ ബ്രഹ്മസ്വരൂപ അഭാവ ദർശന ലക്ഷണയ അവിദ്യയ ഇനി ദൃഷ്ടാന്തത്തിൽ നിന്നും ദാർഷ്ടാന്തികത്തിലേക്ക് പ്രകൃതസംഖ്യാപൂർണ്ണ ആത്മനോ അഭിവിഹിതാവിഖ്യയ വിഷയാസക്തചിത്തതയ സ്വരൂപ അഭാവ ദർശനവ ഇത്രയും പറഞ്ഞത് ദശമനെ സംബന്ധിച്ചാണ് ഇനി തന്നെ കുറിച്ച് പറയുന്നു ദശമനൊരു ദൃഷ്ടാന്തം മാത്രമാണ് അതുപോലെ പരമാർത്ഥ ബ്രഹ്മസ്വരൂപ അഭാവദർശന അഭിജ്ഞ ഇവിടെ എന്താണ് പരമാർത്ഥ ബ്രഹ്മസ്വരൂപ അഭാവദർശനം ദശമില്ല എന്ന് പറഞ്ഞ തത് ഇല്ല ബ്രഹ്മമില്ല താനതെന്നുള്ളതല്ല അത് രണ്ടാമതേ ആദ്യം തന്നെ അങ്ങനെയൊന്നുമില്ല ദർശന ലക്ഷണയാ പരമാർത്ഥ സ്വരൂപ അഭാവദർശന ലക്ഷണയാ ബ്രഹ്മവിന്ദ എന്നവന് അറിയുന്നു അവിദ്യ ഇതാണ് അവിദ്യ ശിവോഹം എന്നവനറിയാൻ പറ്റുന്നു പിന്നെന്താണ് ശരീരോഹം എന്നറിയുന്നു ശരീരമാണ് താനെന്നറിയുന്നു അവിദ്യയ അന്നമയാദീൻ ബാഹ്യാൻ അനാത്മനഹ ആത്മത്വേന പ്രതിബന്നത്വ അന്നമയാദീൻ ബാഹ്യാൻ അന്നമയാദികൾ അന്നപ്രാണമനോമയാദി ശരീരങ്ങൾ ബാഹ്യാൻ ആത്മഭിന്നങ്ങളാണ് അനാത്മന അതല്ല ആത്മാവ് ആത്മത്വനു പ്രതിബന്നത്വാ അതിനെല്ലാം താനായി ധരിച്ചു അന്നമയാദി അനാത്മഭ്യോ നയോ അഹം അസ്മീത്യഭിമന്യത അന്നമയാദി അനാത്മദ് അന്നമയാദി ആത്മഭിന്നമായ വസ്തുക്കളിൽ നിന്നും അന്യഹ അഹമസ്മി അന്യനായ ഞാനുണ്ട് ഒൻപത് പേരിൽ നിന്നും വേർട്ട് പത്താമതായ ഞാനുണ്ട് എന്ന് ന അഭിമന്യതെ എന്നറിയുന്നുണ്ട അത് തന്നെയാണ് ആത്മാവിന് സംഭവിക്കുന്നത് എങ്ങനെയാണോ ദശമനിൽ അത് സംഭവിക്കുന്നത് അതുപോലെ ഇവിടെ സംഭവിക്കുന്നത് അപ്പൊ പ്രാപ്തി എന്ന് പറയുന്നത് എന്താണ് ഏവം അവിദ്യ ആത്മഭൂതമബി ബ്രഹ്മ അനാപ്തം സ്യാ ഇവിടെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ പ്രാപിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ ഈ ദശമന് സംഭവിച്ച ഉള്ളൂ അവിദ്യ അവിദ്യ എന്ന് പറയുന്നത് അതിനാർക്കും ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല ഭ്രമം സംഭവിക്കില്ല എന്നാർക്കും നിഷേധിക്കാൻ പറ്റുന്നു കാരണം ആ ഭ്രമം സദാ പ്രദീക്ഷിണം നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏത് സമയം നമ്മൾ പറയാറുണ്ടോ അതങ്ങനെയല്ല ഇങ്ങനെ ഞാൻ അങ്ങനെ ധരിച്ചു ഇങ്ങനെയായിരുന്നു ഇത് സദാസമയവും നമ്മൾ തിരുത്തി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഭ്രമത്തെ സദാസമയവും ഭ്രഹത്തിൽ നിന്ന് മാറി ശരിയിലേക്ക് വന്ന് വീണ്ടും ഭ്രമത്തിലേക്ക് പോയി അങ്ങനെയാണ് ജീവന്റെ വ്യതി ഭ്രമത്തെ നിഷേധിക്കാൻ പറ്റില്ല സ്വാനുഭവമായതുകൊണ്ട് അതാണ് അവിദ്യ ആ വിദ്യ കൊണ്ട് എന്ത് ചെയ്തു ശമന് ആ ബ്രഹ്മം കൊണ്ട് തന്നെ ദശമനായി അറിയാൻ കഴിഞ്ഞില്ല മറിച്ച് ദശമൻ ഇല്ല എന്ന് പറയും അതുപോലെ അവിദ്യയ ആത്മഭൂതമി ബ്രഹ്മ ഏറ്റവും ബൃഹത്തായിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മഹത്തായിരിക്കുന്ന ഈ ബ്രഹ്മം സുസ്വരൂപം തന്നെ അവിദ്യയാ അവിദ്യ കൊണ്ട് എന്ത് അനാപ്തം അത് അനാപ്തമായി അപ്രാപ്തമായി ദശമൻ അവന്റെ അജ്ഞാനം കൊണ്ടുണ്ടെങ്കിൽ ഭ്രമം കൊണ്ട് ദശമനില്ല എന്ന് ധരിച്ചു അതിനാ ഭ്രമമെന്നോ അറിവില്ല അജ്ഞാനമെന്നോ അവിദ്യ എന്നൊക്കെ സാമാന്യമായി പറയും അവന്റെ സൂക്ഷ്മമായ വശങ്ങളിലേക്ക് പോയിട്ട് ഇതിന് വാദവിവാദങ്ങളൊക്കെ ഉണ്ട് അജ്ഞാനവും അവിദ്യയും ഒന്നാണോ വേറെയാണോ കഴമ്പുള്ള കാര്യങ്ങളല്ല പരമാർത്ഥത്തിൽ ഇതെല്ലാം ഒന്ന് തന്നെ ഈ പറയുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ദശമന അവിടെ എന്താണോ സംഭവിച്ചത് അത് നമുക്ക് മനസ്സിലാകാം ഒരു ക്ഷണത്തിൽ അയാൾക്ക് സംഭവിച്ചാലും നമുക്ക് അജ്ഞാനമെന്നോ അവിദ്യയെന്നോ മായയെന്നോ ഭ്രമമെന്നോ വിവേകമെന്നോ ആഭരണമെന്നോ വിക്ഷേപമോന്നോ എന്ത് പേര് വിളിച്ചാലും അത് പേരില് കാര്യമൊന്നുമില്ല എല്ലാ പേരിലും ഒരർത്ഥം തന്നെ എന്തോ അയാൾക്ക് സംഭവിച്ചത് അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു തുടർന്ന് അതിന്റെ ഫലം അയാൾ ദുഃഖിക്കുന്നു അതാണ് സംസാരം അത് മാറുന്നതിനോ എന്താണോ അയാൾക്ക് സംഭവിച്ചത് അത് മാറിയാൽ മതി എന്നുള്ള ബോധം ഒരു നിമിഷം അയാൾ സംഭവിച്ചിരുന്നതാണ് അനാപ്തി താൻ തന്നെ ായി താൻ തന്നെ തനിക്ക് അപ്രാപ്യനായി തനിക്ക് തന്നെ തന്നെ പ്രാപിക്കാൻ കഴിയാത്തു തനിക്ക് അറിയാൻ കഴിയാത്തോ ഇത്രയേ ഉള്ളൂ ഈ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് ഇത് ഇതിലും വലുതാണെന്ന് വിചാരിക്കുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഭക്ഷികാരൻ പറയുന്നത് ഇത്രയുള്ളൂ എന്നാണ് ഇതേറ്റവും ലളിതമായ ഉദാഹരണത്തിലൂടെ പറയുന്ന ഇതാണ് പക്ഷേ ഇതുകൊണ്ട് ജീവൻ തൃപ്തനാകുന്നു കാരണം ദേശമിന്റെ അവസ്ഥയിലാണ് അവന്റെ ബ്രഹ്മം മാറുന്നില്ല പക്ഷേ അതിൻ്റെ തത്വം ഇത്രയുള്ളൂ ബ്രഹ്മപ്രാപ്തി എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ ഈ അനാപ്തം ഈ അവസ്ഥ മാർഗ തസ്യവം അവിദ്യയാ അനാപ്തരൂപ ഇതുപോലെ എങ്ങനെയാണോ ഈ ദശമനിൽ സംഭവിച്ചത് അതുപോലെ അവിദ്യയാ അനാപ്ത ബ്രഹ്മസ്വരൂപസ്യ അവിദ്യ കൊണ്ട് സ്വസ്വരൂപത്തെ ഗ്രഹിക്കാതിരിക്കുക അതാണ് അനാപ്തി ദശമൻ എന്തുകൊണ്ടാണോ തന്നെ ദശമനായി അറിയാതിരുന്ന അതാണ് അനാപ്തി ൂർണോ അവിദ്യയ പ്രകൃതസംഖ്യാപൂർണ്ണ പ്രകൃതസംഖ്യാപൂർണ്ണ എങ്ങനെയാണ് ദേശമഹ പ്രഥമഹ ദ്വിതീയ തൃതീയ എന്നിങ്ങനെ എണ്ണി എണ്ണി നവമഹ എന്നിവരെ എണ്ണി നിർത്തി പ്രതസംഖ്യാപൂർണമായിരിക്കുന്നതെന്നാണ് ദേശമഹ അതാനാണ് ആത്മനെ അവിദ്യ അനാപ്ത എന്താ അവിടെ ബ്രഹ്മപ്രാപ്തിക്ക് തടസ്സമായിരിക്കുന്നത് ദശമപ്രാപ്തിക്ക് എന്താ തടസ്സമായിരിക്കുന്നത് പേര് പറയുന്നേ അവിദ്യ എന്താണോ ദശമന് സംഭവിച്ചത് അത് തന്നെ സംഭവിച്ചിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോ അനാതസ് തീരനിരക്ഷരനും ബുദ്ധിശൂന്യനും ആയതുകൊണ്ട് അവനത് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നില്ല വേറെ സഹായം വേണ്ടിയുള്ളു വിവേകിയായ ഒരുവന്റെ സഹായം ഇവിടെ സ്വീകരിക്കേണ്ടിയുള്ളൂ സ്വയം മനസ്സിലാക്കുന്നവനായിരുന്നെങ്കിൽ അവൻ ഈ നദി കിടക്കുന്ന എല്ലാവരും മർഗം പോയിട്ട് എണ്ണിയിട്ട് കരയാറില്ല ഇത് അപൂർവ്വം സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് അവൻ അവിവേകിയായി അങ്ങനെ ഒരു അവിവേകിയെ സംബന്ധിച്ചിടത്തോളം അവിദ്യാനാപ്തൻ അവൻ അപ്രാപ്തനായിരിക്കുന്നു സതേന സ്മാരിതസ്യ ഏതോ ഒരാൾ അവനെ ഓർമ്മിപ്പിച്ചു ദശമ തൊമസി തൊമസി എന്നാരോ ബോധിപ്പിച്ചതാണ് ഇതെല്ലാം വളരെ എളുപ്പത്തിൽ സംഭവിക്കുന്നതാണെങ്കിലും അത് വേണ്ടിവന്നു പുനഃ തസ്യ ആപ്തിഹി അവനുടനെ എന്തുവരുന്നു തസ്യവ വിദ്യയാപ്തി അവന് അവനെ തന്നെ അവൻ പ്രാപിക്കുന്നു വേറെ ആരെയും പ്രാപിച്ചു വേറെ ആരെയെങ്കിലും അവൻ രസവനായി അറിഞ്ഞില്ല കാരണം ഒമ്പത് വരെയുള്ളവരവൻ അറിഞ്ഞു കഴിഞ്ഞു ഇനി ഒരാളെ അറിയാനുള്ളു അതിനെ മറ്റൊരാളായിട്ട് ഇനി അറിയണം നിവൃത്തിയില്ല കാരണം മറ്റുള്ളവരനെ അറിഞ്ഞു കഴിഞ്ഞാണ് പിന്നെ അവശേഷിക്കുന്ന താൻ എങ്ങനെയാണോ അവൻ ക്ഷണത്തിന് ഭ്രമത്തിന് അടിമപ്പെട്ടത് ക്ഷണത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു വിദ്യ കൊണ്ട് ബോധം കൊണ്ട് അവൻ തന്നെ പ്രാപിക്കുന്നു യഥാ തഥാ ഇതുവരെ പറഞ്ഞത് ഉപമയാണ് അതുപോലെ പറയുന്നു ശുത്യുപതിഷ്ഠ ഈ ദശമന്റെ ദൃഷ്ടാന്തം മനസ്സിലായെങ്കിൽ അതുപോലെ തന്നെ ശ്രുത്യുപതിഷ്ട്രഹ്മണ സത്യമാനന്ദം ബ്രഹ്മമാനന്ദം ബ്രഹ്മ എന്നെല്ലാം പറയുന്ന സർവാത്മ ബ്രഹ്മണ സർവ ജീവസ്വരൂപമായിരിക്കുന്ന ആ ബ്രഹ്മം ആ ബ്രഹ്മത്തെ അതെങ്ങനെ ശ്രുതി ഉപദേശിച്ചാണ് ഇവിടെ ജീവൻ തന്നെ തത്തായി അറിയുന്നില്ല തത്വമസി എന്നുള്ള ഉപദേശത്തിലൂടെ ശ്രുതിയുടെ ഉപദേശത്തിലൂടെ തന്നെ തത്തായി ഗ്രഹിക്കും അല്ലെങ്കിൽ തന്നെ അഹമായി ഗ്രഹിച്ചിരിക്കുക പറഞ്ഞതുപോലെ അന്നമയാദി ബാഹ്യ അനാത്മവസ്തുക്കളിൽ മനസ്സുറച്ചിട്ട് അഹമഹം എന്ന് തന്നെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് തത്തായി ഗ്രഹിക്കാൻ കഴിയില്ല ഇവിടെ ശ്രുതി ഉപദിഷ്ട സർവാത്മക ശ്രുതി എന്ത് തന്നെ തത്തായി ബോധിപ്പിക്കുന്നു അഹമല്ല ത ആണ് ആത്മത്വദർശനേന അതിനെയാണ് താനായി ഗ്രഹിക്കേണ്ടത് ശരീരാദികളല്ല താനായി ഗ്രഹിക്കേണ്ടത് തന്നെ അഹമായി ഗ്രഹിക്കുന്നു അഹം ബ്രഹ്മാസ ആത്മസ്വദർശനേന അതെങ്ങനെ വിദ്യയാ അതാണ് വിദ്യ ശ്രുതി ബോധിപ്പിക്കുന്നത് തന്നെയാണ് വിദ്യ തത്വമസി എന്ന് ബോധിപ്പിക്കുന്നതാണ് വിദ്യ ദശമസ്തുപസി എന്ന് ബോധിപ്പിച്ചാണ് ദശമന്റെ വിദ്യ അല്ല വേറെ വിദ്യ തത്വമസിയെന്ന് ശ്രുതി ബോധിപ്പിക്കുന്നതാണ് വിദ്യ ഗുരുക്കന്മാർ ബോധിപ്പിക്കുന്നു അത് തന്നെ പുതിയതായിട്ടൊന്നുമില്ല ശ്രുതി പറയാതൊന്നും ബോധിപ്പിക്കാൻ ആ ടങ്ങനെ ഇല്ല ആത്മത്വദർശനേന വിദ്യയാ തദാപ്തി വിദ്യൂടെയുള്ള അതിന്റെ അപ്രാപ്തി അത് ഇതുപോലെ മനസ്സിലാക്കണം ദശമ തുമസി എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തത്തിൽ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കണം തദാപ്തി ഉപപത്യതെ ഇവ അങ്ങനെ മനസ്സിലാക്കിയാൽ അതിൽ യുക്തിയുണ്ട് ഉപപത്തിയുണ്ട് എന്നാണ് ഇതിനെ ഇത് യുക്തിഹീനമാണ് എന്ന് മനസ്സിലാക്കിയാൽ അതിൽ യുക്തിയുണ്ട് യുക്തിഹീനതയിൽ പിന്നെ യുക്തിയെ അന്വേഷിക്കാൻ ശ്രമിക്കുന്നു ആ യുക്തിഹീനത അത് തന്നെയാണ് അല്ല യുക്തി മായ അവിദ്യ അജ്ഞാനം ഇതാണ് ഇതിന്റെ യുക്തി എന്നുള്ളത് അതെങ്ങനെ ബോധ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥലത്ത് ബോധ്യപ്പെട്ടാമെ അവിടെ ബോധ്യപ്പെടുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്നും അങ്ങനെ ഒരുവൻ ദുഃഖിക്കാമെന്നും അവിടെ ബോധ്യപ്പെടുന്നു ദുഃഖം മാറുന്നതും ബോധ്യപ്പെടുന്നു അതിനെല്ലാം കാരണമായി എന്താ പറയുന്നത് എന്റെ അജ്ഞാനം അറിവില്ലായ്മ എന്റെ വിഭ്രമം അതാണ് അതാണ് അവിടുത്തെ യുക്തി എങ്കിൽ ആത്മദർശനത്തിന് ഇത് തന്നെയാണ് യുക്തി യുക്തിയില്ലാത്ത യുക്തി ഇല്ലായ്മ അത് തന്നെയാണ് ഇവിടുത്തെ യുക്തി എന്ന് ദശമസ്തമസി എന്ന് പറയുന്ന ദൃഷ്ടാന്തത്തിലൂടെ നേരിട്ടത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല തത്വമസി എന്ന് പറയുമ്പോൾ ആത്മജ്ഞാനത്തിലൂടെ ബ്രഹ്മപ്രാപ്തി എങ്ങനെ ഉണ്ടാകും അതാണ് കൂടെ ഭാഷകാരൻ വിശദീകരിക്കുന്നത്പ്രാപ്തി എങ്ങനെ സാധ്യമാകും അത് ആത്മജ്ഞാനത്തിലൂടെ അതെങ്ങനെ സാധ്യമാകും ഇതിൽ കൂടുതലും വിശദീകരിക്കാൻ മറ്റാർക്ക് സാധ്യമാകില്ല ഭാഷ്യകാരനല്ലാതെ അത്രയും വിശദീകരിച്ചിരിക്കും അതെങ്ങനെയാണ് സാധ്യമാകുന്നത് അത് മനസ്സിലാക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദശമസ്തമസി അവിടെ വരുക അവിടെ മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് പ്രയാസമുണ്ട് അത് മനസ്സിലായെങ്കിൽ അതിലുള്ള എല്ലാ യുക്തിയെയും അതിലുള്ള എല്ലാ അനുഭവത്തെയും തത്വമസി എന്ന് പറയുന്ന സ്വീകരിക്കുക ഉപപത്യരേഖ അപ്പൊ ഈ ഭാഷകാരം പറയുന്നു ഞാൻ മുമ്പ് പറഞ്ഞു തന്നെ അതിന് യുക്തിയുണ്ട് എന്നാണ് ചോദ്യം ഉണ്ട് ആ ചോദ്യത്തിന്റെ സമാധാനം എസ് കഴിഞ്ഞിരിക്കുന്നു